എല്ലാവർക്കും എൻ്റെ പ്രണ ഏഴാം അധ്യായത്തിലെ ഇരുപത്തൊൻപതും മുപ്പതും പദ്യങ്ങളാണ് നമുക്കിന്ന് ചർച്ചയാണുള്ളത് ഇരുപത്തിയെട്ടാമത്തെ പദ്യത്തിൽ ഭഗവാൻ വ്യക്തമായി പറഞ്ഞു സത്യം അനുഭവിക്കാൻ ദ്വന്ദ്വമോഹ നിർമുക്തി തേദ്വന്ദ് മോഹ നിർവൃത്തമോഹം ഇവരൊറ്റ പദം ഓർമ്മിച്ചാൽ സത്യം കാണണമോ ദ്വന്ദ്വമോഹം മാർഗം രണ്ടുണ്ടെന്നുള്ള തോന്നൽ മാർഗം ഗീത ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ഈ ദ്വന്ദ്വമോഹ നിവൂർത്തി ഒരുപാട് സ്ഥലത്ത് ഈ പദം ഭഗവാൻ ആവർത്തിച്ചിട്ടുണ്ട് ഇരുപത്തൊൻപതാം പദ്യം പറയുന്നു ജരാ മരണമോക്ഷാ മാം ആശ്രിത്യതന്തി തദ്ദു കൃത്നം അധ്യാത്മം കർമ്മച്ചഖിലം മുപ്പതാം പദ്യം സാധിഭൂതാധിദൈവം മാം സാധി യം ചേ വിദു പ്രയാണകളേപ്പിചത്തം വിദുഃ അവര് മരണവേളയിൽ പോലും എന്നെ മറക്കില്ല എന്തുകൊണ്ട് യുക്തചേത അവരെവിടെയും എന്നെ തന്നെ കാണുന്നു അപ്പോ മരണവേളയിലും എന്നെ മാത്രമേ കാണൂ അങ്ങനെ വന്നാൽ വാസ്തവത്തിൽ അവർ മരിക്കുന്നില്ലെന്ന് അനുഭവിക്കുന്നു ജരാമരണമോക്ഷായ മാം ആശ്രിത്യതന്തി ഈശ്വര ഭജനം എന്തിനാണ് ആദ്യം നമ്മളീ ലക്ഷ്യമാണ് ഉറപ്പിക്കേണ്ടത് അന്തിമലക്ഷ്യം മുൻനിർത്തി സത്യബോധം ഉറപ്പിക്കുന്ന ആൾക്ക് ഭൗതികലക്ഷ്യങ്ങളെല്ലാം ചോദിക്കാതെ ന്യായമായ സന്ദർഭങ്ങളിൽ നിശ്ചയമായിട്ടും എത്തിച്ചേരും അതാണ് അനന്യാചിന്തയതോ മാം ഏതാ പരി ഉപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹം അഹം ഇത് കൃഷ്ണന്റെ പ്രതിജ്ഞ പക്ഷെ പലരും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വേണ്ടവണ്ണം ഗ്രഹിക്കുന്നില്ല ഒക്കെ ഭഗവാൻ നോക്കിക്കോളും നോക്കും നിശ്ചയമായിട്ടും ഇത് നിയമമാണ് ഈ ലോക ജീവിതയാത്രയിലെ അലംഘനീയ നിയമം നിങ്ങൾ മറ്റൊന്നും ചോദിക്കാൻ പോകുമ്പോ ചോദിച്ചാലും തെറ്റില്ല പക്ഷെ ഈ അന്തിമ സത്യസ്ഥിതിയും കൂടെ ഉറപ്പുവരുത്തും എന്താ അനന്യാശ്ചിന്തയൻ തോമാം ഞാനല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല അനന്യാ അന്യമില്ല എന്നെ അന്യമില്ലാത്ത വസ്തുവായി കാണുന്നു അതെങ്ങനെ കാണാൻ സാധിക്കും എവിടെയും ഞാനേ ഉള്ളൂ ഈശാവാസ്യനിതം സർവം അനന്യാശിന്തയൻ തോമാം ഏജന് ആ പര്യുപാസത്തെ ചുറ്റും എന്നെ തന്നെ കണ്ടുപാസിക്കുന്നു അതാണ് പര്യുപാസനം ഇത് പ്രത്യേക ഒരു രൂപത്തിലല്ല എവിടെയും ബ്രഹ്മം ഭഗവാൻ മാത്രമേ ഉള്ളൂ അഖണ്ഡബോധരൂപമായ ഭഗവാൻ ഇതങ്ങേ അറ്റത്ത് ശാസ്ത്രീയമായ സത്യം അങ്ങനെ ആരെണ് ഫലിക്കുമ്പോൾ അനന്യചിന്ത പര്യുപാസനം നിത്യയുക്തത്വം ഇങ്ങനെ മൂന്ന് വാക്കുകളാണ് തേഷാം നിത്യയുക്താനാം അങ്ങനെ അവരെ വിട്ടുപോകുന്നില്ല നിത്യയുക്തന്മാരാണ് എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ അതാണ് നിത്യയുക്തത്വം തേഷാം നിത്യയുക്താനാം യോഗക്ഷേമം വഹം അഹം പുരാണങ്ങളിലോ ആധുനിക ഘടകത്തോ പരമസത്യം അന്വേഷിച്ചവരും കണ്ടിട്ടുള്ളവരുമായ ആളുകളുടെ ജീവചരിത്രങ്ങൾ വായിച്ചു നോക്കുക ഈ പ്രതിജ്ഞ ഭഗവാൻ അക്ഷരം വൃത്തി അനുസരിച്ചിടുന്നു കുറെ കൂടെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പോലും ഭഗവാൻ അത് നിറവേറ്റിയിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ഭജിക്കണം അനന്യഭജനം പര്യുപാസനം നിത്യയുക്തത്വം അതാണ് ജരാമരണമോക്ഷായ മാമാശ്രിത്തെ മറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചോ പക്ഷെ ഭഗവാനെ ഭരിക്കുന്നതിൻ്റെ അന്തിമ ലക്ഷ്യം എന്താ ജരാമരണമോക്ഷം ജന്മമൃത്യു ജലാവുഃഖങ്ങൾ കൊണ്ട് വേണ്ടയുന്ന ഈ സംസാര ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി മോചനം ഇനി ജനിക്കാൻ ഇടപെടരുത് മരിക്കാനും ഇടപെടരുത് അതിപ്പോൾ എങ്ങനെ വേണം ഞാൻ ഈ ജലമാണ് ശരീരമാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സാധ്യമല്ല ഞാൻ ബോധഘനമായ ആത്മാവാണ് ബ്രഹ്മമാണ് അത് ഉറച്ചാലോ നജായത്തെയോ മൃഗത്തെയോ കഥ ഇത് രണ്ടാം അധ്യായത്തിൽ തന്നെ ഭഗവാൻ തീർത്തു പറയുന്നല്ലോ ഒരിക്കലും ജനിക്കുന്നില്ല ഒരിക്കലും മരിക്കുന്നില്ല ഇതെങ്ങനെ സാധിക്കും അതാണ് ദ്വന്ദ്വമോഹം ഉപേക്ഷിക്കണം ഖേദചിന്തയും രാഗദ്വേഷവും നമ്മളിന്നലെ ചർച്ചയിലുള്ള സകല ജീവികളും രാഗദ്വേഷങ്ങളിൽ പെട്ടിപ്പ് ലോകത്തെമ്പാടും ഏത് ചക്രവർത്തിയും രാഗദ്വേഷങ്ങളിൽ പെട്ടിപ്പ് ഇടവിക്കും അങ്ങനെയുള്ളവർക്ക് ഈ സത്യം ഉള്ളിൽ തെളിയില്ല അതങ്ങോട്ട് മാറ്റിയാൽ മതി നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മവസ്തു തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഇപ്പോൾ ജരാമരണമോക്ഷായ മാശ്രിത്യ ഭജന്തിയെ എന്നെ ആശ്രയിച്ച് ഭഗവാനെ എനിക്ക് വേണ്ടത് ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലതും തന്നോളൂ ഒരു ദിവസമില്ല പക്ഷെ അന്തിമമായി ജരാമരണ മോക്ഷം വേണം അതിനു വേണ്ടി ആരെന്നെ ഭജിക്കുന്നു പോവും അവർക്ക് എല്ലാം വ്യക്തമായി പിടികിട്ടും എന്നു വെച്ചാൽ ജരാമരണ മോക്ഷത്തിന് വേണ്ടിയുള്ള ഭജനം എങ്ങനെയുള്ളതാണ് ദുന്തു മോഹം ഉപേക്ഷിച്ച് രാഗദ്വേഷങ്ങൾ വിടിയ അല്ലാതെ ഒരു ഭജനം കൊണ്ടും ജരാമരണ മോക്ഷം സാധ്യമാവില്ല അവർക്ക് എല്ലാം തെളിയും എന്തൊക്കെ തെളിയും തേ ബ്രഹ്മിതു അവര് ബ്രഹ്മത്വ വ്യക്തമായി അറിയുന്നു ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഈ മറ മാറിയാൽ ബ്രഹ്മം ആനന്ദസ്വരൂപമായ ബ്രഹ്മം എന്നും ബ്രഹ്മം എന്ന് വെച്ചാൽ ബോധം നമ്മുടെ ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്നതായി അനുഭവിക്കാൻ കഴിയും കുറച്ച് മാറിയാൽ അത്രയും തെളിച്ചം കിട്ടും ചെറിയ ഒരു വെളിച്ചം പോലെയാണേ പല മറകളുണ്ട് ഒരു ലൈറ്റ് മറഞ്ഞിരിക്കുന്നു നിൽക്കുക ഒരു രണ്ട് മൂന്ന് മറ മാറിയാൽ തന്നെ ആ വെളിച്ചം പുറത്തേക്ക് കുറേശ്ശെ വ്യാപിക്കും എല്ലാ മറയും മാറുമ്പോൾ ശുദ്ധമായ വെളിച്ചം കിട്ടുകയും ചെയ്യും വെളിച്ചത്തിനൊരു കുറവും സംഭവിച്ചിട്ടില്ല പക്ഷെ മറ മറയ്ക്ക് ഇപ്പുറത്ത് നിൽക്കുന്നവർക്കാണ് ഇരി വെളിച്ചത്തിനൊരിട്ടുമില്ല ഭഗവാൻ ഒരു കുഴപ്പവും ഇന്നു വരെ സംഭവിച്ചിട്ടില്ല ഭ്രമതലത്തിൽ നിൽക്കുന്ന നമുക്കാണ് കുഴപ്പം ഏ നമുക്കീ ഭ്രമം എങ്ങനെ ഉണ്ടായി ഇപ്പം ചിന്തിക്കേണ്ട ഭ്രമം ഉണ്ടെന്നനുഭവം അല്ലേ കുറയ്ക്കാമെന്നും തീർച്ച എത്ര നേരം കുറച്ചു തൽക്കാലം വന്നു എന്നൊന്നും അന്വേഷിക്കാതെ ഭ്രമം കുറച്ച് നോക്കും എല്ലാത്തിനും ഉത്തരം കിട്ടും അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഇരുട്ടിനകത്ത് നിന്നുണ്ട് ഇരുട്ടെങ്ങനെ വന്നു എന്നന്വേഷിച്ചാൽ അനേക ജന്മം അന്വേഷിച്ചാലും ഒന്നും തെളിയില്ല അതാണ് ഇവിടെ നടക്കുന്ന അന്വേഷണം വെളിച്ചം കൊണ്ടുവരു ഇരുട്ട് മാറി തരു പിന്നെ ഇരുട്ടിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല ഇരുട്ടെവിടുന്ന് വന്നു എന്തിനു വന്നു ഇരുട്ടിനകത്ത് നിന്ന് കൊണ്ട് ചിന്തിച്ചാൽ ഒരിക്കലും പിടി കിട്ടില്ല ഇരുട്ടങ്ങനെ ഒന്നുമില്ല വെറും ഭ്രമം പ്രകാശത്തിൻ്റെ മങ്ങലിൽ വന്നു ചേർന്ന ഒരു ഭ്രമമാണ് ഇരുട്ട് ഇരുട്ടെന്നൊരു വസ്തുവില്ല അതുകൊണ്ട് പ്രകാശം കൊണ്ടുവന്ന് ഇരുട്ടിനെ കിന്നെ ചോദ്യവും ഉണ്ട് അതുവരെ ഓടി നടന്നത് കൊണ്ടൊന്നും ഒരു രക്ഷയുമില്ല ഒരു രക്ഷയും ജരാമരണ മോക്ഷായ മാശ്രിത്യ യന്തിയെ തേ ബ്രഹ്മ തദ്വിദുഹും അവർ ബ്രഹ്മത്ത് നല്ലവണ്ണം അറിയുന്നു എന്താ ഒരു കളങ്കവും പുരളത്ത എങ്ങും നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ആ ഏക വസ്തു അത് മാത്രമേ ഉള്ളൂ ൂപമായ വസ്തു അത് തന്നെയാണ് ഞാനും ഈ ജഗത്തും എന്ന് അവർ വ്യക്തമായി അറിയുന്നു തേ ബ്രഹ്മവിഗ്രഹം കൃഷ്ണം അധ്യാത്മം കർമ്മ അതോടുകൂടി അവർക്ക് മറ്റെല്ലാം തെളിയുന്നു എന്താ തെളിയുന്നത് അധ്യാത്മം ജീവൻ എവിടെ നിന്ന് വന്നു ജീവൻ ഒരു ഭ്രമമാണ് ആദ്യമേ ഉള്ള ഭ്രമം ഒരു ഭ്രമമാണ് ജീവൻ അധ്യാത്മം കർമ്മബന്ധ ഈ ബ്രഹ്മം ഒഴിച്ചും ബാക്കിയും എല്ലാം ഭ്രമമാണ് എല്ലാം പക്ഷേ അന്തിമ വിശകലനത്തിൽ ഭ്രമവും വസ്തുതന്നെ എന്ന് അറിഞ്ഞവർ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ തൽക്കാലം നിങ്ങൾ ഭ്രമത്തിൽ നിൽക്കുകയാണ് കുഞ്ഞ ഈ ഭ്രമവും വസ്തുതന്നെ എന്തുകൊണ്ട് കയറിനെ കണ്ടിട്ട് വരുന്നയാൾ പാമ്പിനെ കാണുന്ന ആളിനോട് പറയുന്നു ഇവിടെ പാമ്പില്ല ഈ പാമ്പും കുഞ്ഞെ കയറ് തന്നെ നീ പേടിക്കാതെ മുമ്പോട്ട് പോകും പേടിക്കാതെ മുമ്പോട്ട് പോകും ഇവിടെ പാമ്പില്ല ഇത് ഞാൻ കാണുന്നതോ അല്ല നീ കാണുന്നത് കയറ് തന്നെ മരുഭൂമിയിലെ വെള്ളം കാനൽ ജലം ഇവിടെ കാനൽ ജലമില്ല അത് ഞാൻ കാണുന്നതോ കാനൽ ജലം കാണുന്നയാൾ മരുഭൂമിയെ വ്യക്തമായി കണ്ടയാളിനോട് ചോദിക്കുന്ന ചോദ്യമാണേ ഇവിടെ ഇവിടെ കാനം ചെയ്യാനില്ല അതിൽ ഞാൻ കാണുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് മരുഭൂമി തന്നെ ഉറപ്പിക്കും ഉറപ്പിച്ചാലുള്ള ഗുണം എന്താ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാം നമുക്ക് ഇതൊക്കെ ഭഗമമാണ് ഇതുമൊക്കെ ബ്രഹ്മം തന്നെ എന്നുറപ്പിച്ചാൽ അതിവേഗം നമ്മുടെ രാഗദ്വേഷങ്ങളും ഭേദചിന്തയും മാറിക്കെട്ടും ആ ബ്രഹ്മം തെളിയുകയും ചെയ്യും ഇതാണ് നിയമം അപ്പോൾ തേ ബ്രഹ്മസദ്വിദുഹ ബ്രഹ്മത്തെവരറിഞ്ഞു അധ്യാത്മം ജീവനന്ദ അധ്യാത്മം ച ജീവൻ ജീവനെന്താണെന്നറിഞ്ഞു കർമ്മചാഖിലം കർമ്മം കർമ്മം സൃഷ്ടിക്കായി പൊന്തുന്നു എന്ന് തോന്നുന്ന ശക്തിചരനമാണ് കർമ്മം ഇവർ അത് തോന്നുന്നു വാസ്തവത്തിൽ അങ്ങനെ കർമ്മമൊന്നും ചലിക്കാൻ ബ്രഹ്മത്തിൽ സാധ്യമല്ല പിന്നെ സാധിഭൂദൈവം ച അധിഭൂതം ജഡജഗത്താണ് അതിനെക്കുറിച്ചും അവരറിയുന്നു എന്തറിയുന്നു ഭഗവാൻ കൽ മായ ഉണ്ടാക്കി കാണിക്കുന്ന കാഴ്ചകൾ എന്നിവത്തുമായി അറിയുന്നു അതിദൈവം ആ കാഴ്ചയിൽ നിറഞ്ഞിരിക്കുന്ന ബോധം അതിദൈവം പരമാത്മാവ് ആ കാഴ്ചകൾക്കും അപ്പുറമാണ് ഉത്തമപുരുഷൻ പതിനഞ്ചാം അധ്യായം വായിച്ചു നോക്കുക അഹ്മുക് അധ്യാത്മം കർമ്മചാഖല്യം സാധിഭൂതാതി അതിദൈവം മാം സാധി യജ്ഞം യജ്ഞമൊക്കെ യജ്ഞത്തിൽ ഇരിക്കുന്നത് പരമാത്മാവാണ് എന്തുകൊണ്ട് യജ്ഞം കൊണ്ട് നേടേണ്ടത് പരമാത്മാവിനെയാണ് കർമ്മം കൊണ്ട് നേടേണ്ടത് പരമാത്മാവിനെയാണ് അതെങ്ങനെ നേടാൻ കഴിയും കർമ്മവാസന ബ്രഹ്മചിന്ത കൊണ്ട് ഏലിച്ച് ചാമ്പലാക്കണം അതിനാണ് കർമ്മം എന്ത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് വലിയ ആളുകൾ പോലും ഈ ഗീത എന്ന് പറയുന്നത് കർമ്മം കർമ്മം ചെയ്യണം രാഭകൻ അന്തിമ നിമിഷം വരെ കർമ്മം ചെയ്തവരൊക്കെ കർമ്മയോഗികൾ കർമ്മഭ്രാന്തന്മാരെന്നെ ഗീത പഠിച്ചവർക്ക് അവർ പറയാൻ എന്താ എന്തിനാ കർമ്മം ചെയ്യുന്നത് അർജുനൻ എന്തിനു യുദ്ധം ചെയ്യുന്നു അയാളിൽ കട്ടി പിടിച്ചിരിക്കുന്ന യുദ്ധവാസന കുറയ്ക്കാനാണ് അതിന് ബ്രഹ്മത്തെക്കൂടെ കൂട്ടിച്ചേർത്ത് കർമ്മം ചെയ്താൽ ആ വാസന കുറയും ഒടുവിൽ ബ്രഹ്മം മാത്രം ശേഷിക്കും നേരെ വിളിച്ച് ഈ ബ്രഹ്മം കൂടിച്ചേരാതെ കർമ്മം ചെയ്താൽ കർമ്മവാസന ഉറച്ചുറച്ച് വരും അന്തിമകാലത്ത് കടുത്ത കർമ്മവാസനയിൽപ്പെട്ട് ഓരോ ശാന്തിയും സുഖവും ജീവിതം അവസാനിപ്പിക്കേണ്ടതായി വരും അപ്പോൾ ഒടുവിൽ കർമ്മവാസന പൂർണ്ണമായും മാറിക്കിട്ടണം അതെങ്ങനെ അറിയാം മരണ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത് എനിക്ക് യാതൊന്നും ചെയ്യാറില്ല ഞാനെല്ലാം ചെയ്ത് തീർത്തിരിക്കുന്നു ഇപ്പോൾ ആ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഞാനും അത് തന്നെ നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം യ സ്വാത്മരതിരേവസ്യ ആത്മതൃപ്തസ്ഥ മാനവ ആത്മന്യ സന്തുഷ്ട കാര്യം നവിദ്യത്തെ കൃഷ്ണൻ പറയുക ഈ അനുഭവത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ മരിക്കാൻ കിടക്കുകയാണ് ഒരാൾ ഒന്ന് ചോദിക്കുന്നു എന്താ ഇനിയൊന്നുമില്ല ഒന്നും ചെയ്യാനില്ല ഇത് പറയാൻ കഴിയുമ്പോൾ ഞാൻ പൂർണ്ണ തൃപ്തൻ ആനന്ദം അനുഭവിക്കുന്നു എനിക്കിനി യാതൊന്നും ചെയ്യാനില്ല ഈ സമൂഹത്തിൽ ഒരുപാട് കേടുപാടുകളുണ്ടല്ലോ കുറച്ച് സാമൂഹ്യ പ്രവർത്തനം അതൊന്നും എൻ്റെ നിങ്ങൾ പിന്നെ എന്തിനു ജോലി ചെയ്യുന്നു ഈ തത്വം എൻ്റെ കർമ്മവാസന നശിച്ചു കിട്ടുക അർജുനൻ്റെ യുദ്ധവാസന നശിച്ചു കിട്ടണം അതിനാണ് യുദ്ധം ചെയ്യാൻ പറഞ്ഞത് അതെങ്ങനെ സാധിക്കും സർവേഷു കാലേഷു മാം അനുസ്മരയിച്ചേച്ച എപ്പോഴും സത്യസ്വരൂപത്തെ കൂടെ ഓർമ്മിക്കുക വിധ വിചയൂ അങ്ങനെ ആയാലോ ജ്ഞാനം ഉറയ്ക്കും എന്താ ജ്ഞാനം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നുള്ള ജ്ഞാനം ഉറച്ചാലോ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസത്കുരുതേ അർജുന അർജുന ഒന്നേ ഉള്ളൂ എന്ന ജ്ഞാനം ഉറച്ചാൽ ഒരു ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന ജ്ഞാനം ഉറച്ചാൽ സർവകർമാണി ഭസ്മ സത്കുരുത്തേ ഇതിലെപ്പുറം എന്ത് വ്യക്തമായിട്ട് പറയണം യഥൈഥാംസിനിസ്മസത്കുരുതേ തഥ ഞാനാഗ്നി സർവകർമാണി ഭസ്മ സത്കുരുത്തേ തഥ ഉണങ്ങിയവർ അതിനെ എങ്ങനെയാണോ അഗ്നി എരിച്ചു ചാമ്പലാക്കുന്നത് അല്ലയോ അർജുന ഞാനാഗ്നി കത്തിച്ചൊലിച്ചാൽ കർമ്മം മുഴുവൻ എരിഞ്ഞു ചാമ്പലാവും അതിൻ്റെ ലക്ഷണം എന്താ ഇപ്പോഴേ അന്വേഷിച്ചോളുക ഇപ്പോഴേ പറ്റുമോ എന്ന് നോക്കിക്കൊള്ളുക ശരീരം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കവയെ തന്നെ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് അനുഭവിക്കാം ഇതൊരു നാടകം ഈ ശരീരം ഇരിക്കുന്നത് കൊണ്ട് എന്തൊക്കെയോ അഭിനയിക്കുന്നു അതൊന്നും എനിക്ക് ചെയ്യാനുള്ളതല്ല കൃഷ്ണൻ അഥാ പറയുന്നത് എനിക്കൊന്നും ചെയ്യാനില്ല എങ്കിലും ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാലോ ഒന്നും ചെയ്യാനില്ലാത്ത സത്യമാണ് ഞാനെന്ന് അനുഭവിച്ചുകൊണ്ട് രാമുള്ള രാവണനായി അഭിനയിക്കും പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം തൃശൂലോകേ ഷുഖിച്ചന പിന്നെ ഇപ്പൊ ഗീത ഉപദേശിക്കുന്നതോ ചെറിയ സംശയം ഉടനെ ചോദിച്ചേക്കാം അർജുനന്റെ തേല് തെളിക്കുന്നതോ അതാ ആ കൃഷ്ണി പറയുന്നത് ശ്രദ്ധിക്കും എനിക്ക് മൂന്ന് ലോകത്തോ ഒന്നും ചെയ്യാനില്ല നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം തൃശൂലോകേ ഷുഖിച്ച് എന്താ നാൻ അവാപ്തം അവാർത്തവ്യം കിട്ടാത്തതൊന്നും എനിക്കിനി കർമ്മണി എങ്കിലും ഞാൻ മറ്റുള്ളവരുടെ കണ്ണിൽ കർമ്മം ചെയ്യുന്നു തേരു ഓടിക്കുന്നു അർജുനന് ഗീത ഉപദേശിക്കുന്നു യുദ്ധത്തിൽ പങ്കെടുക്കുന്നു ഇതാണ് ഈ വസ്തു തെളിഞ്ഞാൽ ആർക്കും അനുഭവിക്കാം ആർക്കും അപ്പോ അങ്ങനെയുള്ളവർ ബ്രഹ്മത്തെ അറിയുന്നു എങ്ങനെ അറിയുന്നു മറ്റുള്ളതും ഒക്കെ ബ്രഹ്മം തന്നെ കർമ്മം ബ്രഹ്മം തന്നെ സാധിഭൂതം ജഡജഗത്ത് ബ്രഹ്മം തന്നെ സാധുദൈവം അതിൽ നിറഞ്ഞിരിക്കുന്ന ബോധം അതും സാക്ഷാത് ബ്രഹ്മം തന്നെ അധി യജ്ഞം യജ്ഞത്തിൽ യജ്ഞം ചെയ്യൂ എന്ന് പറഞ്ഞാൽ കർമ്മവാസനയിരിക്കൽ ഗീതയിലെ ഏറ്റവും വലിയൊരാശയമാണ് അർജുന യജ്ഞാർത്ഥാത് കർമ്മണോ ഞത്ര ലോകോയം കർമ്മബന്ധന കർമ്മം യജ്ഞമായി ചെയ്യൂ അല്ലാതെ ഇവിടെ ലോകം നന്നാക്കാനൊന്നുമല്ല യജ്ഞം എന്ത് നിന്റെ വാസന എരിച്ച് ചാമ്പലാക്കാനുള്ള യജ്ഞം യജനം വെച്ച് എരിച്ച് എന്താ ഹവിസ് അവന് ഹോമദ്രവ്യം അവനവന്റെ കർമ്മവാസന യജ്ഞാർത്ഥകർമ്മോ കർമ്മബന്ധന യജ്ഞമായി കർമ്മം ചെയ്തില്ലയോ ആ കർമ്മം കടുത്ത ബന്ധനത്തിൽ അവസാനിക്കും മരിക്കാൻ കടുത്ത ബന്ധനം നല്ല കർമ്മങ്ങൾ പോലും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞില്ലേ ഏത് നല്ല കർമ്മവും ബ്രഹ്മചിന്തയോടുകൂടി യജ്ഞമായി അനുഷ്ഠിച്ചില്ലെങ്കിൽ അവസാനം കടുത്ത ബന്ധമായി തരും തദർത്ഥം കർമ്മകവിയ മുക്തസംഘ സമാചര ഒരു സംഘവും കൂടാതെ ഫലത്തെ കുറിച്ചോ അവക്ക് വരേണ്ടത് വരുവണ്ടോ ഇയാളെന്തിനാണ് അതിൽപ്പെട്ട് സംഘപ്പെട്ട് ബന്ധപ്പെടുന്നത് ഇയാൾ അസത്യത്മാ ചിന്തിക്കൂ ചിന്തിച്ചോണ്ട് ഒരു നാടകത്തിൽ എന്ന പോലെ കർമ്മം ചെയ്യൂ ബാക്കിയൊക്കെ വരേണ്ടത് വരുത്തിക്കോളും യോഗക്ഷേമം ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ തദർത്ഥം കർമ്മകന്ധേയ മുക്തസംഗ സമാചര സംഘമില്ല അത് ഞാൻ ചെയ്യുന്നു എനിക്ക് ഫലം കിട്ടണം എന്റതാണ് ഇതൊക്കെ എന്ത് ഞാൻ എന്തെന്റേത് നമ്മൾ കാണുന്നില്ലേ ഇവിടെ സത്യത്തെ ഓർമ്മിക്കുക ഈ വേണ്ടാത്ത കള്ളത്തരമൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മിച്ച് ഫലചിന്തയിൽപ്പെട്ടുഴലുന്നതിനേക്കാൾ കർമ്മം ഭംഗിയായി ചെയ്യൂ ഫലചിന്ത ഉള്ളിൽ നിന്ന് പൂർണമായി വിഴുതു ഞാൻ എന്റേത് എന്ന ചിന്ത പോലും വിടൂ കർമ്മം ചെയ്യുമ്പോഴും ഒക്കെ എന്റെ കർമ്മം ഈശ്വര പൂജ ബ്രഹ്മയജ്ഞം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവര് ബ്രഹ്മാഗ്നവ് ബ്രഹ്മണാഹുതം ബ്രഹ്മൈവസേന ഗാന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന ഇത് ഏത് പാപിക്കുമാകാം കൃഷ്ണൻ ഒരൊറ്റ വ്യക്തിയെ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഏത് പാപിയും ഈ ജ്ഞാനം ഉൾക്കൊള്ളട്ടെ ആവർത്തിച്ചു പറ അങ്ങനെ ആയാൽ ഉൾക്കൊള്ളാൻ ഒക്കുമോ സാർ ആഗ്രഹമുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം പാപമൊക്കെ പോകുന്നതിനു മുമ്പ് തന്നെ ഉൾക്കൊള്ളാം എന്താ കാര്യം ഇതൊരു ശാസ്ത്ര സത്യമാണ് ഓക്സിജനും ഹൈഡ്രജനും ചേർന്ന് വെള്ളം ഉണ്ടാകുമെന്ന് പഠിക്കാൻ പാപമെല്ലാം പോണോന്നൊന്നും ഇല്ല പറ്റുമെങ്കിൽ കുറെ പാപമൊക്കെ കുറയ്ക്കുക വിരോധമൊന്നുമില്ല പക്ഷെ പോകുന്നതിന് മുമ്പും ബോധമാണ് സത്യം അതാണ് ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ എത്ര അസുരന്മാരാണ് അത് ജീവൻ മുക്തന്മാർ ജീവൻ മുക്തി വന്നതിന് ശേഷവും അവരുടെ ജോലി എന്താ ദേവന്മാരെ അടിച്ചു പുറത്താക്കുക ദേവന്മാരുമായി യുദ്ധം ചെയ്യുക അവരതിനാണ് അസുരവേഷം എടുത്തു വന്നിരിക്കുന്നത് അവരത് വേണ്ടെന്ന് വെച്ചാൽ ഈ കളി നിന്നു പോകും മഹാബലി മഹാബലിയെ കണ്ടിട്ട് ഭാഗവതത്തിൽ ദേവന്മാർ പോലും അദ്ഭുതരാവുക അദ്ദേഹത്തിന്റെ ആ ഉറപ്പ് ബ്രഹ്മബോധം വാമനൻ ഒടുവിൽ പറയുന്നു എന്താ എല്ലാ ക്ലേശവും വന്നു ചേർന്നു മഹാബലിക്കൽ ഒടുവിൽ വാമനൻ ദേവന്മാരെ നോക്കി പറയുകയാണ് ചുറ്റു നിൽക്കുന്നത് യേശദാനവ ദൈത്യാനാം അഗ്രണി കീർത്തിവർദ്ധന അജയ് ശീതജയാം മായം സീതന്ന വിന മുഹ്യത്തി അരോ ദേവന്മാരെ നിങ്ങൾ ഇപ്പോഴും വീട് വേണം കൽപ്പവൃക്ഷം വേണം കാമസേന വേണം ഇതിനൊക്കെ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയല്ലേ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാനിപ്പോ വാമനായി അവതരിച്ചിരിക്കുന്നത് നോക്കൂ ഈ മഹാബലി അജയ് ഷീദ് അജയമായ മായ അജയിച്ചിരിക്കുന്നു അജയ് ഷീദ് അജയമായ എന്താ സീതൻ നവി സർവവും നഷ്ടപ്പെട്ടിട്ടും ഉഞ്ചിരി കാരണം എന്നായാലും ആർക്കും ഭൗതികമായ എല്ലാം നഷ്ടപ്പെടും എന്ന് നല്ലവണ്ണം അറിയാം അപ്പൊ ഇപ്പൊ നഷ്ടപ്പെട്ടപ്പോ ദുഃഖിക്കാൻ അന്തരി എല്ലാവർക്കും ഇത് സംഭവിക്കും വാമനന്റെ ആച്ചവട്ടിത്താഴ്ത്തൽ എല്ലാവർക്കും അത് മഹാബലി തന്നെ പറയുന്നു ഇപ്പൊ എനിക്ക് നാളെ വേറെ വർക്ക് ഞാനെന്തില് കരയണം എന്തെല്ലാം ക്ഷീണരിക്ത ചുതസ്ഥാന സകല സമ്പത്തും പോയി സ്ഥാനം നഷ്ടപ്പെട്ടു ക്ഷിത്വബദ്ധസ്ഥ ശത്രുവി പിടിച്ചു തള്ളി വാമനൻ ഗരുടനെ വിളിച്ചു വരുത്തി വരുണപാശം കൊണ്ട് കെട്ടി മുറുക്കുകയാണ് തിരുതസ്ഥാനോ ക്ഷിത്തോ ബദ്ധസ്ഥ ശത്രു ജ്ഞാതിഭിഷ്ട പരിചയക്തോ സകല ബന്ധുക്കളും വിട്ടുപോയി ഒടുവിൽ സംഭവിക്കുന്ന ഇതൊക്കെ തന്നെ ഈ അങ്ങനെ ആരും പിടിച്ചു കിട്ടുന്നുമില്ലല്ലോ അങ്ങനെ ഉണ്ടല്ലെങ്കിലും പിടിച്ചു കെട്ടി വല്ല ആശുപത്രികളിലും ഒക്കെ കൊണ്ടുവന്നങ്ങനെ മുറുക്കിയിട്ട് വാസ്തവത്തിൽ കിടക്കുന്ന കിടപ്പൊക്കെ കണ്ടാൽ അവർക്കൊക്കെ കിടന്നേ തീരൂ പക്ഷേ ഈ ഉറപ്പുണ്ടെങ്കിൽ സാരമില്ല സാരമില്ല ക്ഷിത്വബദ്ധസ്ഥ ശത്രു എന്നിട്ട് ഗുരുമാഭത്തി ശുക്രാചാര്യൻ ദേഷ്യപ്പെട്ടു ശാപിച്ചു എന്നിട്ട് വാമനൻ പറയുകയാണ് എന്നിട്ടും അയാൾ സത്യം കിട്ടില്ല അയാളുടെ മുഖത്ത് പുഞ്ചിരി മാത്രം അതുകൊണ്ട് ഇയാൾ നിങ്ങളെക്കാളി ജയിച്ചിരിക്കുന്നു മായേ ഇതാണ് ജനന മരണമോക്ഷത്തിനായുള്ള ഭഗവത് ഭജനം അവസാനമായി എനിക്കൊന്നും വേണ്ട സാമ്രാജ്യവും വേണ്ട മരിക്കാൻ കിടക്കുന്നു ഇനി എന്ത് സാമ്രാജ്യം ഇപ്പോ ഒരൊറ്റ ചിന്ത ഈശ്വര ചിന്ത മാത്രം ഞാൻ ഈ പറഞ്ഞത് ഏതുരനും ഏത് പാപിക്കും ഇത് ഉൾക്കൊള്ളാം എത്ര അഭിച്ഛേ സുദുരാചാര ഭജതേമാനന്യഭ ആ ദുരാചാരമൊക്കെ വിട്ടിട്ടു വന്ന് ഭജിക്കണമെന്ന് കൃഷ്ണൻ പറയുന്നില്ല പറഞ്ഞാൽ നടക്കില്ല എന്നുവെച്ചാൽ അത് വാസനയാണ് അത് കോഴിക്കിട്ടണം അത് ഈ ജ്ഞാനം കൂട്ടിച്ചേർത്തപ്പോവും അഭിജേ സുദുരാചാര അങ്ങന ഭജത്തെ മാം തത്വം പിടികിട്ടി സാധുരേവ സമന്ത അയാൾ വേണ്ട മാർഗത്തിലാണെന്ന് അർജുനാ ധരിച്ചോളൂ പിന്നെ പറയുന്നു അഭിജേദി സർവേഭ്യ പാപേഭ്യ പാപകൃത്ത ഇതിലപ്പുറം കൃഷ്ണനി ഒന്നും പറയാനില്ല സൂപ്പർ ലെറ്റീവ് അർജുന ഈ പാവികളിൽ വെച്ചോക്കെ അങ്ങേയറ്റത്തെ പാവിയാണെന്ന് കരുതോളൂ സർവം ജ്ഞാനപ്ലവേന ഇവ ഭക്തി ഒന്നും അല്ല പറഞ്ഞ ഈ ജ്ഞാനം കൂട്ടിച്ചേർക്കൂ എന്താ ജ്ഞാനം വാസുദേവ സർവമെത്തി അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ എന്താ നല്ല ഉറപ്പുള്ളവരാൾക്ക് ശാസ്ത്രബുദ്ധി കിട്ടി ഞാൻ ചെയ്യുന്ന ആസുരകർമ്മങ്ങൾ പോലും ബ്രഹ്മയജ്ഞം സംശയം എന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ എന്ത് പാപം ഒരു ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ എങ്കിൽ പിന്നെ എന്ത് ഇത് ഉറപ്പ് വരണം ഉറപ്പ് വരാതെ കുഴപ്പമുണ്ടാക്കരുതേ ഇതൊറ ഇത് സിദ്ധാന്തപരമായിട്ടെങ്കിലും ഉറയ്ക്കണം ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു പാപവുമില്ല പുണ്യവുമില്ല തന്നെ അതുമൊക്കെ ഈശ്വരൻ എന്താ വാസനാദത്തനായി ഞാൻ എന്തൊക്കെയോ ചെയ്തു പോകുന്നു ഭഗവാനെ അങ്ങ് മാത്രമേ ഉള്ളൂ ആ വാസിഷ്ഠസുധാന്നൊരു പുസ്തകം ഇവിടെ ഉണ്ട് സൂര്യന് താഴെ ഇതുപോലൊരു പുസ്തകം രചിക്കപ്പെട്ടിട്ടില്ല അതിൽ ദേവപൂജോപാഖ്യാനം എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട് ഒന്ന് വാങ്ങിച്ചു വായിച്ച് നോക്കുക ശിവൻ വാഷ്ഠന് ദേവപൂജ എന്താണെന്ന് ഉപദേശിക്കുക ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാതെ നമ്മൾ എന്തൊക്കെയോ കോവിലിൽ പോവുകയോ അവിടെ നിന്ന് വീണ്ടും വീട്ടും വന്നിരുന്നു കരയുന്നു കോവിലിൽ പോകുന്നതിനൊന്നും ഒരു വിരോധമില്ലേ അവിടെയൊക്കെ ഈ സത്യം ഓർമ്മിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ എല്ലാ കോവിലും സക്ഷൽ ജഗതീശ്വരൻ്റെ ഇരിപ്പിടം ഒരു സംശയമില്ല അപ്പോൾ ഏത് പാപിക്കും ഇത് ഉൾക്കൊള്ളാം ബാക്കിയൊക്കെ നല്ലത് ചിത്തശുദ്ധിക്കൊക്കെ വേണ്ടി ചെയ്തുകൊണ്ടു അതിലൊന്നും വിരോധമില്ല പക്ഷെ ഞാൻ പാവിയാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ടതാണ് കൃഷ്ണൻ പറയുന്നത് നിങ്ങൾ ഏത് പാവി ആയിക്കോ ഈ ജ്ഞാനം കൂട്ടിച്ചെടുക്കും സർവം ജ്ഞാനപ്ലവേണ ഇവ വൃദിനം സന്ദർശി ആ ജ്ഞാനപ്ലവത്തിൽ കയറുമെങ്കിൽ ഓളൻ പാപസമുദ്രം വിട്ട് കിട്ടും ഇതാണ് ഇരുപത്തൊൻപതും മുപ്പതും പദ്യത്തിൻ്റെ അർത്ഥം ഈ ഇരുപത്തൊമ്പതിൽ പറയുന്ന മുപ്പതിലും പറയുന്ന ബ്രഹ്മം അധ്യാത്മം കർമ്മം അധിഭൂതം അതിദൈവം അധിയജ്ഞം ഈ എല്ലാ വാക്കുകളും എട്ടാം അധ്യായത്തിൽ മൂന്നും നാലും ശ്ലോകങ്ങളിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് കൂടുതൽ വിശദമായി അറിയാൻ ആഗ്രഹിക്കുന്നവർ ശിവാരം ഭാഷ്യം വായിച്ച് എട്ടാം അധ്യായത്തിലെ രണ്ടും മൂന്നും ശ്ലോകങ്ങൾ വായിച്ച് നോക്കുക ഈ ചോദ്യങ്ങൾ ഒരു സാധാരണക്കാർക്ക് അദ്വൈതം ഉൾക്കൊള്ളാൻ എളുപ്പമല്ല തീർച്ചയായിട്ടും സാധാരണക്കാരനല്ല അസാധാരണക്കാരനാവണം അല്ലാതെ രക്ഷയൊന്നുമില്ല അതിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ കഥ സാധാരണക്കാരനെ നോക്കൊള്ളാനൊക്കില്ല എനിക്ക് ഇക്കോസ് പണം വേണം അത് വേണം ഇത് വേണം കൃഷ്ണൻ തന്നെ പറയല്ലേ അതുകൊണ്ടൊന്നും അമ്പ ഉൾക്കൊള്ളാനൊക്കില്ല നിശ്ചയമാറും അതുകൊണ്ടിപ്പോൾ എന്താ വേണ്ടത് റിയലൈസേഷന് സഹായിക്കുന്ന മാർഗങ്ങൾ ഉപദേശിക്കാമോ ഉപദേശിക്കാൻ വിദ്യാരണ്യസ്വാമികൾ പറയുന്നുണ്ട് സത്യം വിചാരം ചെയ്യണം എനിക്കതിനൊന്നും സമയമില്ല ഓഹോ എന്നാൽ ഒരു കാര്യം നിർഗുണോ ഉപാസന ശീലിക്കാൻ അതും എനിക്കൊക്കില്ല ഇട കുറച്ചൊരു അരമണിക്കൂർ നാമൻ ചൊല്ല എനിക്കൊരുപാട് തിരക്കുണ്ടെന്ന് കൃഷി കച്ചവടം അതുകൊണ്ട് എനിക്കത് നോക്കില്ല ആ കുഞ്ഞെ പോയി കൃഷിയോ കച്ചവടമോ ചെയ്തു ഇതാണ് ഉപദേശം വേറെ ഉപദേശമൊന്നുമില്ല അതേ പറ്റുള്ളൂ ബ്രഹ്മത്തെ ഉപാസിക്കേണ്ടത് എപ്രകാരമാണ് ഒരിക്കലും ഇവിടുത്തെ ക്ലാസ് ശ്രദ്ധിച്ചയാളേ അല്ല ഈ ചോ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്കിനി കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് ഒരു എട്ട് ദിവസത്തെ ക്ലാസ് എടുക്കണം അന്ന് ഇതിനൊക്കെ ഒത്തിരി പറയാൻ പറ്റുള്ളൂ പ്രാണായാമം വേറെ ഒന്നും ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചും നമുക്ക് അല്പം പോലും താഴ്ന്ന മനോഭാവമില്ല ഒക്കെ ജഗതീശ്വരൻ ഒരു സംശയവും ഇല്ല ഇവിടെ വന്ന ആൾ ഒരിക്കലും ഈ ചോദ്യം ചോദിക്കില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് വന്ന ചോദ്യം ചോദിക്കുന്ന അദ്ദേഹത്തോടെ എനിക്ക് ഇതേ പറയാനുള്ളൂ ശ്രമം ചെയ്ത് ഒന്ന് സംഘടിപ്പിച്ചാൽ നമുക്കിന്നൊരു ഏഴ് ദിവസം ഒമ്പതാം അധ്യായമോ പത്താം അധ്യായമോ ചർച്ച ചെയ്യാം അതിവേഗം ഗീതയോ വാസിഷ്ടസുസയോ അല്ലെങ്കിൽ ഹരിനാമകീർത്തണം നമ്മുടെ എഴുത്തച്ഛൻ്റെ ഒരു ഹരിതാമകീർത്തനം വാങ്ങിച്ച് വായിച്ചു നോക്കൂ അതാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം ഇന്നിപ്പോൾ നമ്മുടെ സമയം തീർന്നു ഇത്രയും ദിവസം ഇവിടെ ഇത് നടത്താനിടയാകത്ത് അത്ഭുതകരമായ ഒരു ഈശ്വര നിശ്ചയം അതിനോട് ഒറ്റത്തിടിവ് ഞാനിന്ന് പറഞ്ഞു അതൊക്കെ യാലച്ചിമല്ലേ സാർ ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം വരെ ഗംഭീര മഴയായിരുന്നു ഇത് തുടങ്ങിയതിന് ശേഷം ഇതാ ഇന്ന് അങ്ങേറ്റം നല്ല കാലാവസ്ഥ മഴ ഒരിക്കലും ഈ ക്ലാസ്സിന് ഇവിടെ തടസ്സമായി തീർന്നിട്ടില്ല അതെന്താ അത് അതാണ് അതാണ് അനന്യാ ചിന്തയൻ തേഷാം നിത്യാഭിയുക്താനാം ആരുടെയും വിടുക്കല്ല നിയമം ഇവിടെ പറയുന്നത് ശുദ്ധ സത്യം അതിനെ ഒരു പ്രകൃതിയും തടയില്ല പ്രകൃതിയിൽ വായുവിനോ അഗ്നിക്കുമോ ഒക്കെ പരമാത്മാവിൻ്റെ പ്രപഞ്ചപ്രവർത്തന നിയമത്തെ പേടിയാണെന്നാണ് ഉപനിഷത്ത് പറയുന്നത് അതുകൊണ്ട് അങ്ങേറ്റത്ത് ഭഗവത്കാരനും നമ്മളുണ്ട് നമുക്ക് തൽക്കാലം ഈ ചർച്ച ഇവിടെ നിർത്താം ഏകദേശം ഈശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ വീണ്ടും എനിക്ക് പറയാനുള്ളത് പ്രയാസമില്ല പിടികിട്ടിയില്ലെങ്കിൽ പോലും ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്തുകൊണ്ട് ചോദിച്ച കോവിലെ കല്ലിൽ ഈശ്വരനെ കാണാണെങ്കിൽ അടുക്കളയിലെ കല്ലിൽ എന്താ ഈശ്വരനെ കണ്ടാൽ ശ്രദ്ധിച്ചാൽ കാണാം ഇനി എന്ന പ്രസാദ വിതരണമാണ് അത് ഉടൻ തീരും ഒക്കെ വരികയിൽ നിന്ന് പ്രസാദം മേടിച്ചു പോവുക ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരം